ഭഗവാൻ അടുത്ത ശ്ലോകം പറയുന്നത് നോക്കാം ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം സർവകർമാണി വിദ്വാൻ യുക്തസമാചതൻ ഇനൊരു ഇൻസ്ട്രക്ഷൻ ഒരു പക്ഷെ വേറെ ഒരു ശാസ്ത്രത്തിലും ഇല്ല ഭഗവാൻ ഇവിടെ പറയണത് വിദ്വാൻ അറിയേണ്ടത് അറിഞ്ഞ മറ്റുള്ളവരെ പെട്ടെന്നൊന്നും അവരുടെ ബുദ്ധിയിൽ ഭേദം എന്നാണ് അതുകൊണ്ടാണ് അറിവുള്ള ആചാര്യന്മാർ അവരവർ പോകുന്ന വഴിക്ക് തന്നെ അവർ എന്ത് അജ്ഞാനത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ അവർ നടക്കാൻ തയ്യാറാണ് ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസങ്കീനാം കർമ്മത്തിൽ ആസക്തിയോടുകൂടെ ഇരിക്കുന്ന അജ്ഞാനികളെ പെട്ടെന്ന് പോയിട്ടൊന്നും ചലിപ്പിക്കരുത് അവര് കുറച്ചൊക്കെ ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് അവർക്ക് അവരതൊക്കെ ചെയ്യട്ടെ പെട്ടെന്ന് അവരെ പോയി ചലിപ്പിക്കരുത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ വിദ്വാനായിട്ടുള്ളവൻ എന്ത് വേണമെന്ന് വെച്ചാൽ അയാളും അവരെ പോലെ തന്നെയൊക്കെ കർമ്മം ചെയ്തിട്ട് അതിനോടുകൂടെ ജ്ഞാനസ്ഥിതിയിൽ നിന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് ചെയ്യുന്ന കർമ്മത്തിന് നടുവിൽ തന്നെ എങ്ങനെ ജ്ഞാനത്തിൽ നിൽക്കാം പഞ്ചദശിക്കാരൻ ഒരു ശ്ലോകം പറയുന്നു പുങ്കാനുപുങ്ഖ വിഷയേക്ഷണ തത്വരൂപി ब्रह्मावलोक ब्रह्मावलोकाम जहाति योगी संगीत लय मौलिस्त संगीततायृत्यवशंगता मौलिस्तंभरीरक्षणधी नटीव नोगी एपुंग विषयक्षण तत्वी चेय्य मुदल विषय जाग्रतोड़ वीचित अ ജ്ഞാനികളെ കണ്ടാൽ നമുക്ക് ചില ജ്ഞാനികൾ ചിലരെയൊക്കെ കാണാം പുറമേക്ക് ലോകമേ അറിയാതിരിക്കുന്ന ഒരു ആളുകള് അങ്ങനെയാണ് തോന്നും അതേസമയം ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ അവർക്ക് ശ്രദ്ധ ഉണ്ടാവും പുങ്കാനുപുങ്ക വിഷയക്ഷണ തത്വരൂപി ദിഷണാം എന്ന ജഹാതി യോഗി രമണ മഹർഷി ഊണ് കഴിക്കുന്നത് മുതൽ ഇതിന് ഉദാഹരണമാണ് ബാക്കിയുള്ളവരെ തന്നെ അനുസരിച്ചാൽ അവർക്ക് ഗുണം ഉണ്ടാവണം എന്നുള്ളതിന് ഊണ് കഴിക്കുന്ന ഇലയില് ഒരു വെറ്റ് ബാക്കിയുണ്ടാവില്ല എല്ലാവർക്കും സമദർശിത്വം എല്ലാവർക്കും കൊടുക്കുന്നതേ തനിക്കും തരാൻ പാടുള്ളൂ തനിക്ക് സ്പെഷ്യലായിട്ടൊന്നും പാടില്ല ഇതിലൊക്കെ എന്തിനു വേണോ എന്തിനു വേണ്ടി ശ്രദ്ധ ചെലുത്തണം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതാൻ ഇത്രനീളം ഒരു പെൻസിൽ മതി വലിയ പെൻസിൽ പെനൊന്നും കൊടുത്താ വാങ്ങിക്കില്ല നാ കെട്ട കേട്ടിക്ക് എനക്ക് ഏത് ഇതല്ല അപ്പം ചെറിയ ഒരു പെൻസിൽ തുണ്ട് പെൻസിൽ പേപ്പർ ന്യൂസ് പേപ്പറിന്റെ സൈഡില് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം അതൊക്കെ എടുത്ത് കട്ട് ചെയ്ത് തുന്നി ചേർത്ത് പുസ്തകമാക്കി അതിലൊക്കെയാണ് എഴുതുക വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ആര് വേണമെങ്കിൽ കൊണ്ടു കൊടുക്കുമെങ്കിലും ഒന്നും അതൊന്നും വാങ്ങിക്കില്ല തന്റെ ഒരേ ഒരു സ്വത്ത് എന്താ ആ കമണ്ടലും അത് താൻ തന്നെ ഉണ്ടാക്കും ചരട്ട കൊണ്ടും മറ്റും ഒക്കെ ചീകി ചീകി ചീകി കയ്യിൽ പിടിച്ചിരിക്കുന്ന താനേ ഉണ്ടാക്കിയതാണ് ദണ്ട് ആ ദണ്ടും കയ്യിൽ ആ വടി വടി പിടിച്ചിരിക്കുന്ന ആ വടിയും നല്ല ഭംഗിയായിട്ടുള്ള വാക്കിംഗ് സ്റ്റിക്ക് ചെത്തി ചെത്തി ചെത്തി ഉണ്ടാക്കിയതൊക്കെ ആർക്കെങ്കിലും കൊടുത്തിട്ട് കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത വടി തന്റെ കയ്യിൽ വെക്കും എന്താ ഭഗവാനെ ആ നല്ല വടി വെച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ഇത് ഇതാണെങ്കിൽ ആരും ആഗ്രഹിക്കില്ലാ കണ്ടാൽ ഒരാൾ ചന്ദനം കൊണ്ട് ഒരു വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിച്ചുകൊണ്ടുവന്ന് മഹർഷിക്ക് കൊടുത്തു അതെടുത്ത് നോക്കിയിട്ട് നന്നായിട്ടുണ്ടല്ലോ നിങ്ങൾ തന്നെ വെച്ചോളാം എന്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞു അല്ല ഭഗവാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചോണ്ടുവന്ന അത് ഇവിടെ ഇരുന്നാൽ ആരെങ്കിലുമൊക്കെ കാണുന്നവരാഗ്രഹിക്കും അത് വേണം എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കണ്ട് ആഗ്രഹിക്കുന്ന ഒരു വസ്തുവും ഞാൻ എന്റെ കയ്യിൽ വയ്ക്കാൻ ആഗ്രഹിക്കണില്ല ഇതിനു മേലെ എന്ത് തത്വം വേണം നമുക്ക് മറ്റുള്ളവർ കണ്ടാൽ ഇത് നമുക്കും ഇതുപോലെ ഉണ്ടായാൽ വേണ്ടില്ലല്ലോ എന്ന് ആഗ്രഹിക്കുന്ന ലോകത്തിൽ മുഴുവൻ നേരെ ഓപ്പോസിറ്റാണ് അല്ലെ നാലുപേര് വരുമ്പോഴാണ് പുതിയതായിട്ട് വല്ല പണ്ടമോ വസ്ത്രമോ കൊടുത്തുകൊണ്ട് വന്നാൽ അടുത്തിരിക്കുന്നവരെ നമ്മൾ നോക്കണം നമുക്ക് കിട്ടിയ അസൂയപ്പെടണം അപ്പൊ മറ്റുള്ളവർ കണ്ട് ആഗ്രഹിക്കുന്ന ഒരു വസ്തുവും എന്റെ വശത്ത് വയ്ക്കാൻ ഞാൻ എന്തിനാ അവരിങ്ങനെയൊക്കെ ചെയ്യണം ഓരോ വിഷയങ്ങളിലും ആ ശ്രദ്ധയാണ് അരി പെറുക്കി എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി കിടന്നാൽ അരി പെറുക്കി പെറുക്കി പെറുക്കി കയ്യിൽ വെച്ച് അതൊക്കെ കൊണ്ടുപോയിട്ട് സ്റ്റോർ ഹൌസിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് ഒരു ദിവസം പെറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭക്തൻ ചോദിച്ചു എന്താ ഭഗവാനെ ചാക്കിൽ കൊണ്ടുപോകുമ്പോൾ കുറച്ചൊക്കെ ചോട്ടിൽ പോവും തൂവി പോവും ഇതൊക്കെ എടുത്തോണ്ട് പോകണോ ഇതിലെ ഓരോ അരിശി മണിക്കും നണാമലയാർക്ക് ബതിൽസൊല്ലിയാകണം അതിലുള്ള ഓരോ അരിമണിക്കും ഞാൻ ഭഗവാന് ഉത്തരവാദിയാണെന്നാണ് ആരാണോ പറയണത് പ്രപഞ്ചമേ ഇല്ല ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന സ്ഥിതിയിലിരിക്കുന്ന ജീവൻ മുക്തനാണ് വ്യവഹാര തലത്തിൽ ഇങ്ങനെ പറയണത് ആലോചിച്ചോളൂ ഞാൻ ആരോടും സംവാദം ചെയ് പറഞ്ഞു സിദ്ധാന്തപരമായിട്ട് നോക്കിയാൽ മാധ്വൻ രാമാനുജൻ ശങ്കരൻ ഒക്കെ കൂടെ നമുക്ക് ശണ്ട കൂടേണ്ടി വരും ഒരു ജ്ഞാനിയുടെ ജീവിതം നോക്കിയാൽ നമുക്ക് കാണാം ഫിസിക്കൽ പ്ലെയിനിൽ അദ്ദേഹം മാധ്വനാണ് ഭക്തിയുടെ മണ്ഡലത്തിൽ രാമാനുജനാണ് ജ്ഞാനത്തിന്റെ മണ്ഡലത്തിൽ ശങ്കരനാണെന്ന് കാണാം ഫിസിക്കൽ പ്ലെയിനിൽ മാധ്വസിദ്ധാന്തമാണ് എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ ഒക്കെ വേറെ മധ്വസിദ്ധാന്തം ബേസിക് ആയിട്ട് എന്താ നീ വേറെ ഞാൻ വേറെ എല്ലാം വേറെ ആ വേറെ വേറെ എന്നുള്ള ഭാവത്തിൽ ഭഗവാന്റെ ദാസന്മാരായിട്ട് എല്ലാവർക്കും പ്രിയമായിട്ട് പരസ്പരം പ്രിയത്തോടുകൂടെ സാമ്യഭാവത്തോടുകൂടെ ഇരിക്കണം ഭേദം അംഗീകരിച്ചുകൊണ്ട് തന്നെ അഭേദസ്ഥിതിയിൽ അവരിയ്ക്കും ജ്ഞാനികൾ ഭേദം അംഗീകരിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വ്യവഹരിക്കാനേ പറ്റില്ല അല്ലെ ശരീര തലത്തിൽ ഭേദമുണ്ട് എന്നാ ഭേദമുണ്ടോ ഭേദമില്ല ഭേദമില്ല എന്നുള്ള ജ്ഞാനം ഉണ്ട് എന്നിട്ട് വ്യവഹാരത്തിൽ അത്രയധികം പെർഫെക്ഷൻ ഒന്നും വേസ്റ്റ് ഇല്ല കുഞ്ചുസ്വാമി പറയും ഒരു സോപ്പ് പോലെ എന്തോ ഒരു സാധനം മഹർഷിക്ക് തേക്കാനായിട്ട് കൊടുക്കും കുഞ്ചുസ്വാമി പറയും എന്നത്തേക്ക് താ ഇൻറെ കഞ്ചതറമോ തൈല കൊടുക്കവേ മാറ്റാറുണ്ട് മുതുകത്ത് തേച്ച് കൊടുക്കാൻ ഇവർ ആരെങ്കിലും വയസ്സായപ്പോ കൈ പുറകു പോകാത്തതു കൊണ്ട് പോകും പോകുമ്പോ കയ്യിലിങ്ങനെ എടുത്തിട്ട് ഇവരുടെ കയ്യിൽ തേച്ചോളാൻ പറയത്രെ അല്ലെങ്കിൽ ഇവര് വേസ്റ്റ് ചെയ്യും എന്നാണ് തന്റെ കാര്യത്തിൽ തന്റെ ശരീരത്തിൽ ഏറ്റവും അധികം ചുരുക്കമാണ് ഉപയോഗം ബാക്കിയുള്ളവരെന്ത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഇരിക്കട്ടെ ലോകത്തിൽ ഏറ്റവും കുറച്ച് മാത്രം തന്റെ ഫിസിക്കൽ കാര്യത്തിന് എടുത്തിട്ട് വിട്ടുകളയാകുന്നു ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ പോലെ അത്രയധികം നോട്ടം പുങ്കാനുപുങ്ഖ വിഷയക്ഷണ തത്വരൂപി എന്നാലും ബ്രഹ്മാവലോകധിക്ഷണ ആം ജഹാദിയോഗി ആ സ്ഥിതിയിലും ബ്രഹ്മാവലോകധിക്ഷണ ചലിക്കുന്നില്ല എന്നാണ് സകലതും ബ്രഹ്മമയം അതവിടെ വരുന്ന കുരങ്ങായാലും ശരി മയിലായാലും ശരി പാമ്പായാലും ശരി സകലഭൂതങ്ങളിൽ ഒരേ ആത്മവസ്തു എന്നുള്ള ജ്ഞാനസ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ തന്നെ കണ്ടാൽ എങ്ങനെ വിഷമിക്കില്ലയോ അതുപോലെ നട ആരെയും അവരവരുടെ മാർഗത്തിന് ചലിപ്പിക്കില്ല പെട്ടെന്നൊന്നും വളരെ ആചാരശീലരായ ബ്രാഹ്മണരുണ്ടാവും ഏ ഇങ്ങനെയൊന്നും ആചാരം കാണിക്കാൻ പാടില്ല എല്ലാവരും സമമാണെന്ന് അവരോട് പറയില്ല അവരുടെ ആചാരത്തിനെയും രക്ഷിച്ചു കൊടുക്കും ഒരിക്കൽ നാരായണ ഗുരുവിന്റെ രണ്ട് സന്യാസികൾ മഹർഷിയെ കാണാൻ എച്ച് എംമാൾ അവരെ ഭിക്ഷയ്ക്ക് ക്ഷണിച്ചു എച്ച് എമാളിനൊരു പാട്ടി ഇരുന്ന അന് പാട്ടി താൻ രമണർക്ക് ചാപ്പാട് കൊണ്ട് കൊടുത്തിട്ടിരുന്ന അത് അമ്മ ഇവാടെ ഭിക്ഷയ്ക്ക് കൂപ്ടഹർഷിക്ക് അറിയാം ഈ അമ്മ വളരെ ഓർത്തഡോക്സാണോ ബ്രാഹ്മണയതികളാണെന്ന് വിചാരിച്ചിട്ടാണോ വിളിച്ചിരിക്കണതെന്ന് അറിയാം ഇനിയിപ്പോ അല്ലാന്ന് അവര് ധരിച്ചിട്ട് അവരുടെ മനസ്സിൽ വിഷമമൊന്നും ഉണ്ടാവണ്ട എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് സന്യാസിമാരും പോകുന്നതിന് മുമ്പ് വിളിച്ചിട്ട് മഹർഷി പറഞ്ഞു നിങ്ങൾക്ക് പരിശോധനം ചെയ്യാമെന്നറിയോ തരിയാതെ ഭഗവാൻ അവരിയിരുത്തി പറഞ്ഞു കൊടുത്തു എച്ച് വീട്ടിൽ കൂണ് കഴിക്കാൻ എങ്ങനെ പരിശോധനം ചെയ്യണം എല്ലാം പറഞ്ഞു കൊടുത്തു എന്തിനാ ആ സ്ത്രീയുടെ ഉള്ളിലുള്ള ആചാരത്തിനെയും രക്ഷിച്ചു കൊടുക്കണം അവരുടെ ഉള്ളിലും അവരുടെ അടുത്ത് പോയിട്ട് അവരെയും ചലിപ്പിക്കാൻ പാടില്ല എല്ലാം ഒന്നും ഞെക്കി പഴിപ്പിക്കാൻ പാടില്ല ഒക്കെ അവരവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങില് ജ്ഞാനം വന്ന് അവരവര് പക്വപ്പെട്ട് അവരവർ ആ സ്ഥിതിയിൽ വന്ന് അവരവർക്ക് സമദർശിത്വം വരണം നമ്മളെ ആരും ഒരു കാര്യത്തിൽ നിർബന്ധിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ അതേപോലെ തന്നെ മറ്റുള്ള ആളുകളും അതുകൊണ്ട് ഒരാളെയും ബലമായിട്ട് അജ്ഞാനത്തിലാണെങ്കിൽ പോലും ബലമായിട്ട് പിടിച്ചു വലിച്ചാൽ വേദനിക്കും ജ്ഞാനത്തിനെ അതുകൊണ്ട് ജനറലായിട്ട് പറയാം അവരുടെ ആചാരങ്ങളിൽ പോയി പെട്ടെന്ന് അവരെ ചലിപ്പിച്ച് കർമ്മ ഉപേക്ഷിപ്പിക്കാനൊന്നും പറയരുത് എന്നാണ് ഒന്നും മാറ്റി അതൊക്കെ വേണ്ട ഇത് വേണ്ട അങ്ങനെ വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാട് കുഴപ്പമാകും ഉഭയഭ്രഷ്ടന്മാരായിട്ട് തീരും അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ബുദ്ധിഭേദം ജനകേത് അജ്ഞാനാം കർമ്മസങ്കിനാം കർമ്മത്തിൽ സംഘത്തോടുകൂടെ ഇരിക്കുന്ന അജ്ഞാനികളെ അവരുടെ ബുദ്ധിയിൽ പോയി ചലിപ്പിച്ചു കളയരുത് നിങ്ങൾ ഈ കർമ്മമൊക്കെ ഉപേക്ഷിക്കുക ഇതൊന്നും ചെയ്തിട്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ അവരിടും ഇല്ല അങ്ങടും ഇല്ല എന്നാവും പാവും പിന്നെ ഞാൻ എന്തുവേണം സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ അതുകൊണ്ടാണ് ഈ മഠാധിപതികളായിട്ട് ഇരിക്കുന്നവർക്ക് ഇത്രയധികം അനുഷ്ഠാനങ്ങളൊക്കെ എന്തിനാന്ന് വെച്ചാൽ അവരെ കണ്ടാൽ ബാക്കിയുള്ളവരെങ്കിലും കുറച്ച് അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമല്ലോ അതിനുവേണ്ടി അല്ലെങ്കിൽ സന്യാസികൾ അനുഷ്ഠാനമൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളൊക്കെ വിട്ടുപോകാതെ സന്യാസം എടുക്കാൻ പാടില്ല എന്നാണ് എന്നാൽ ബാഹ്യപൂജാം കുര്യാത്തുന്നതാണ് ബാഹ്യപൂജ ചെയ്യാനേ പാടില്ല എന്നാണ് യതിധർമ്മം നമുക്ക് മഠാധിപതികൾക്കൊക്കെ പൂജ നാലുമണിക്കൂർ പൂജ ചെയ്യേണ്ടിയിരിക്കണം നമ്മളോ പ്രാമുഖ്യം കൊടുക്കണമെന്നും അവർ ചെയ്യുന്ന പൂജയ്ക്കാണ് വാസ്തവത്തിൽ സന്യാസി ബാഹ്യപൂജയും ചെയ്യാൻ പാടില്ല എന്നാൽ ബാഹ്യപൂജാ കുര്യാത്തെന്നാണ് നിയമം പിന്നെ അവർക്ക് ഈ പൂജ ചെയ്യേണ്ടി വരുന്നത് എന്തിനാ മഠാധിപതിയായിരിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളവർ തന്നെ കണ്ട ആ ഒരു ഒക്കെ ഉപേക്ഷിക്കാൻ പാടില്ല അതിനുവേണ്ടി അവർ ജ്ഞാനസ്ഥിതിയിൽ ഇരുന്നു കൊണ്ടും ഇതൊക്കെ ചെയ്യേണ്ടിയിരിക്കും അപ്പൊ അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നമ്മളും ചെയ്യണം എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ വഴി നടക്കാനായിട്ടും പെട്ടെന്ന് ഞങ്ങളുടെ അനുഷ്ഠാനങ്ങളും ഡിസിപ്ലിൻസൊക്കെ ഉപേക്ഷിക്കാതിരിക്കാനായിട്ടാണ് അപ്പോൾ അറിഞ്ഞവനും അറിവുള്ളവനും അറിവില്ലാത്തവന്മാർ ചെയ്യേണ്ട ചില കർമ്മങ്ങളൊക്കെ അതൊക്കെ പല സ്റ്റേജിൽ എല്ലാ ജ്ഞാനികളും ഒരേപോലെ സ്റ്റീരിയോ ടൈപ്പല്ല അതുകൊണ്ടാണ് നമ്മൾക്ക് വഴി നടത്താൻ ഗൃഹസ്ഥന്മാരായിട്ടുള്ളവര് നമ്മൾക്കൊക്കെ ആ ജ്ഞാനം പ്രാപിക്കാൻ പറ്റുമോ എന്ന് സംശയിക്കുമ്പോൾ ഗൃഹസ്ഥന്മാരായിട്ട് തന്നെ കുറച്ച് ജ്ഞാനികൾ വന്ന് നമുക്ക് വഴി കാണിക്കും സന്യാസികൾ എങ്ങനെയിരിക്കണം അതിന് സന്യാസികൾ തന്നെ വഴി കാണിക്കും ചെറിയ കുട്ടികൾക്ക് ജ്ഞാനം വരുവോ അതിന് പ്രഹ്ലാദനെ പോലെയുള്ളവരൊക്കെ വഴി കാണിക്കും വൃദ്ധന്മാരായ വയസ്സുകാലത്ത് അതിനെ പ്രാപിക്കാൻ പറ്റുമോ അതിനുള്ളവരും വഴി കാണിക്കും ഇവരൊക്കെ മുമ്പിൽ നടന്ന് കാണിക്കുന്നത് നമ്മളുടെ ബുദ്ധിയിലുള്ള സംശയങ്ങൾ തീർത്ത് ഏതേത് സ്ഥിതിയിലിരിക്കുന്നവർക്കും ഇത് പ്രാപ്യമാണ് എന്നുള്ള ഒരു സൗലഭ്യത്തിനെ കാണിക്കാനായിട്ടാണ് ഏതവസ്ഥയിലിരിക്കുന്നവർക്കും പ്രാപ്യമാണ് എന്നുള്ള സൗലഭ്യത്തിനെ കാണിക്കാനായിക്കൊണ്ടാണ് ഇവരൊക്കെ അവരവര് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ അവർ ചെയ്ത് കാണിച്ചു തരുകയാണ് നമുക്ക് നമുക്ക് വഴി കാണിച്ചു തരുകയാണ് शनम जोषये जो सर्वकर्माण विद्वा युक्त सचरण अल कर्म ज्ञानी कर्माुषानबद्धनि कर्म पेटु एल अगवा अ्लोक അടുത്തത് മുഴുവൻ ഒരു ജ്ഞാനപ്രകരണമാണ് ഇനിയുള്ള ശ്ലോകങ്ങളൊക്കെ നമ്മൾ ഈ അധ്യായത്തിൽ ബാക്കിയുള്ളതൊക്കെ വിട്ടുകളഞ്ഞാലും ഇനി വരാൻ പോകുന്ന മൂന്നാല് ശ്ലോകങ്ങള് നല്ലവണ്ണം മനനം ചെയ്താൽ മതി നല്ലവണ്ണം വിചാരം ചെയ്യേണ്ട ശ്ലോകങ്ങളാണ് ഇനി വരുന്ന രണ്ട് മൂന്ന് ശ്ലോകങ്ങള് അടുത്ത ശ്ലോകം നോക്കാം പ്രകൃതേ ക്രിയമാണാനി ഗുണൈഹി കർമാണി സർവശാം വിമൂഢാത്മാ കർത്ത മന്യത്തെ ഫാക്ച്വൽ എക്സ്പ്ലനേഷൻ ഇവിടെ കർമ്മം ചെയ്യുന്നു കർമ്മം ചെയ്യുന്നു എന്ന് നമ്മളൊക്കെ പറയണം നമുക്ക് എന്തോ സ്വാതന്ത്ര്യമുള്ള പോലെ ഞാൻ അത് ചെയ്യണോ ഇത് ചെയ്യണ്ടയോ അത് ഉപേക്ഷിക്കട്ടെ ഇത് ചെയ്യട്ടെ എന്നൊക്കെ നമ്മള് ചോദിക്കുന്നു ഭഗവാൻ പറയണത് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ആരുടെ കയ്യിലും ഇല്ലാതുക പ്രകൃത ക്രിയമാണാനി ഗുണൈഹി കർമാണി സർവശ പ്രകൃതിയുടെ ഗുണങ്ങൾ സത്വഗുണം രജോ ഗുണം നമ്മളിലുണ്ട് ഓരോരുത്തരും ഓരോ കോമ്പിനേഷനിൽ അതിനനുസരിച്ച് ഓരോരുത്തരെ കൊണ്ടും പ്രകൃതി ഓരോ ശരീരത്തിലും കർമ്മം ചെയ്യുന്നു പ്രകൃതിയാണ് നമ്മളിലൂടെ കർമ്മം ചെയ്യുന്നത് നമ്മളല്ല നേച്ചർ ഇസ് ഓപ്പറേറ്റിംഗ് ത്രൂ യു ഗുണൈ കർമാണി സർവശ എല്ലാവിധത്തിലും അത് നമുക്ക് അറിയിക്കാനാണ് ദേവി മഹാത്മ്യത്തിൽ അഞ്ചാമത്തെ അധ്യായം യാവി സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത ക്ഷുതാരൂപേണ സംസ്ഥിത നിദ്രാരൂപേണ സംസ്ഥിത ശക്തിരൂപേണ സംസ്ഥിത ഭ്രാന്തിരൂപേണ സംസ്ഥിത ബുദ്ധി രൂപേണ സംസ്ഥിത എല്ലാ രൂപത്തിലും നമ്മളിൽ ഓരോ ചലന രൂപത്തിലും ഓരോ ഭാവരൂപത്തിലും ആ ദേവിയാണ് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ദേവി എന്ന് വെച്ചാൽ പ്രകൃതി എന്നുവെച്ചാൽ നമ്മളുടെ അഹങ്കാരൂപത്തിലിരിക്കുന്നതും അവൾ തന്നെ നമ്മളിലുള്ള ഓരോ ചലനവും ആ പ്രകൃതിയുടെ ആണ് കാണുക കേൾക്കുക മണക്കുക രുചിക്കുക സ്പർശിക്കുക സങ്കൽപ്പിക്കുക വികൽപ്പിക്കുക അഭിമാനിക്കുക ഇതൊക്കെ പ്രകൃതിയുടെ ഉള്ളിലാണ് ആ പ്രകൃതിയാണ് ഓർമ്മയായിട്ട് നമ്മളുടെ ഉള്ളിൽ നിൽക്കുന്നത് ആ പ്രകൃതിയാണ് വിശപ്പായിട്ട് നിൽക്കുന്നത് ഉറക്കമായിട്ട് നിൽക്കുന്നത് ചിലരൊക്കെ പറയും മുമ്പൊക്കെ നല്ല ഓർമ്മയൊക്കെ കിട്ടുമായിരുന്നു ഇപ്പൊ ഓർമ്മ കിട്ടണില്ല എന്ത് ചെയ്യാം അന്ന് ഓർമ്മ കിട്ടി ഇന്ന് കിട്ടുന്നില്ല ഇസ് ഫാക്ച്വൽ റിപ്പോർട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് പ്രകൃതിയാണ് ഓർമ്മ എങ്ങനെ നടക്കണു ആർക്കും അറിയില്ല എന്തിനു നടക്കണമെന്നു അറിയില്ല കുട്ടികൾ ചെറിയ കുട്ടികൾക്കൊന്നും ഓർമ്മയില്ല വയസ്സാവുമ്പോ ഓർമ്മയില്ലാതാവണു എന്ത് ചെയ്യാൻ പറ്റും വിശപ്പ് വിശപ്പ് എങ്ങനെ വരണു അറിയോ എന്തോ ഒന്ന് വരണു അല്ലേ പ്രകൃതി ഉറക്കം വരുന്നു പ്രകൃതിയാണ് ഞാൻ ഉറങ്ങണു എന്നിട്ട് അതിലൊരു അഭിമാനം അഹങ്കാര വിമൂഢാത്മാ കർത്താവ് അഹമിതി മന്യത്തെ രാമകൃഷ്ണ പരമാംശ്ര ഉദാഹരണം പറയും സാമ്പാറ് തളയ്ക്കാൻ വെച്ചാൽ അതിൽ കുമ്പളങ്ങിയും മഴതിരിങ്ങിയുമൊക്കെ ഡാൻസ് കളിക്കും നർത്തനം ചെയ്യുമല്ല അപ്പൊ തോന്നും ഞങ്ങളാണ് ഈ കൂട്ടാൻ ഉണ്ടാക്കണതെന്നുള്ള മറ്റൊരാ ചുവട്ടിലുള്ള വലിച്ചാലോ പ്രശ്നമു പോവും അതേപോലെ ഉള്ളിൽ ആ ചൈതന്യ സ്ഫൂർത്തി ഉള്ളപ്പോ എല്ലാം നമ്മൾ ചെയ്യുന്ന പോലെ ഉള്ള തുള്ളൽ പ്രകൃതി പ്രവർത്തിക്കുന്നു ചൈതന്യത്തിന്റെ സാന്നിധ്യത്തില് പ്രകൃതി പ്രവർത്തിക്കണം അതിൽ ആർക്കും സ്വാതന്ത്ര്യമില്ല പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു പ്രകൃതി പിടിച്ച് ചുഴറ്റുക നമ്മളെ പിടിച്ച് ചലിപ്പിക്കുക അതിൽ ഓരോരുത്തർക്കും ഓരോ റോള് കൊടുത്തിരിക്കുന്നു ഉള്ളൂ ഞാൻ ഇവിടെ ഒരു റോള് നിങ്ങൾ അവിടെ ഒരു റോള് ാടകം ഇതറിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി എന്ന് പറയാം ഭക്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭഗവാൻ എന്ന് പറയാം ഭഗവാൻ എല്ലാവരെ കൊണ്ടും ഓരോരുത്തരെ കൊണ്ടും ഓരോന്ന് ചെയ്യിപ്പിക്കുന്നു ഓരോരുത്തരുടെ രൂപത്തിൽ എന്റെ മുമ്പിൽ നിൽക്കുന്നു ഒരു രൂപത്തിൽ ഭഗവാൻ പറയുന്നു പല രൂപത്തിൽ ഭഗവാൻ കേൾക്കുന്നു ഇവിടെ അഭിമാനത്തിന് എവിടെ സ്ഥാനം അഹങ്കാരത്തിന് എവിടെ സ്ഥാനം ഇവിടെ ഭഗവാനേ ഉള്ളൂ ഭഗവാനാണ് നല്ല നല്ല ആളായിട്ടും ചീത്തയാളായിട്ടും പല വേഷങ്ങൾ കെട്ടി ഒക്കെ നിൽക്കണത് ഇതിൽ പ്രത്യേകിച്ച് ഒരു അഹങ്കാരം വരുമ്പോഴും നമുക്ക് ഈ സ്മൃതി നഷ്ടപ്പെട്ടു പോകും എല്ലാം പ്രകൃതിയാണ് ചെയ്യണത് എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകും നമ്മൾ ലോകത്തിലെ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോഴും ഇത് ഓർമ്മിച്ചോളാം ഇവിടെ ആരും കുറ്റക്കാരനല്ല കാരണം എന്താന്ന് വെച്ചാൽ സ്വതന്ത്രമായി ഇവിടെ ആരും കർത്താവല്ല ഒരു ഹിറ്റ്ലർ നമുക്ക് വേണമെങ്കിൽ ചീത്ത പറയാം പക്ഷെ ഒരു ഹിറ്റ്ലർ അയാളായിട്ട് ഉണ്ടായതാണോ ഒരാൾ വിചാരിച്ചാൽ ഹിറ്റ്ലർ ആവാൻ പറ്റുമോ ഒരു മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി അയാളായിട്ട് ഉണ്ടായതാണോ ഉണ്ടായതാണോന്നൊക്കെ പറയാം നമുക്കും ഗാന്ധി ആവാം എന്നൊക്കെ ഇൻസ്പയറിംഗ് ആയിട്ട് പ്രസംഗിക്കാം പക്ഷെ ചെയ്തു നോക്കൂ നിങ്ങളുടെ പ്രകൃതി സമ്മതിക്കുകയില്ല ഈ പൂച്ച വെജിറ്റേറിയൻ ആവാൻ പുറപ്പെട്ട പോലെയാണ് ഓരോരുത്തരുടെയും സിസ്റ്റം ഓരോരുത്തരുടെയും പ്രകൃതി അവരവരുടെ പ്രകൃതി പ്രവർത്തിക്കുന്നു സകല കർമ്മങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അവരതിനനുസരിച്ചായിട്ട് ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഒരേ സമയത്ത് ജനിച്ച കുട്ടികൾ പത്ത് കുട്ടികൾ പത്തു വിധത്തിൽ ഇരിക്കുന്നു എന്ത് ചെയ്യും അങ്ങനെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മളെ കുറിച്ചുള്ള നമ്മളുടെ ടെൻഷനും നമുക്ക് മാറും നമുക്ക് അധികം ടെൻഷനും പ്രത്യേകിച്ച് അധ്യാത്മ ജീവിതം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ ധരിക്കുന്നു നമ്മൾ എന്തൊക്കെയോ ആയിത്തീരണം എന്ന് ധരിക്കണോ നമ്മളുടെ പ്രകൃതി പറഞ്ഞാൽ കേൾക്കില്ല എന്താണെന്ന് വെച്ചാൽ അതെങ്ങനെയുണ്ടോ അങ്ങനെ ഇരിക്കുകയുള്ളൂ അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വിഷമിച്ച് ജീവിതം പോകും ഇത് നമ്മളുടെ പ്രകൃതിയാണ് എന്നറിഞ്ഞാൽ നമ്മളുടെ ശരീരം നമ്മളുടെ മനസ്സ് ബുദ്ധിയൊക്കെ പോലും നമ്മളുടെ എന്നുള്ള ഭാവം പോയി പോകും അതേപോലെ മറ്റുള്ളവർ നമ്മളുടെ അടുത്ത് വിപരീതമായിട്ട് പെരുമാറുമ്പോഴും അയാളുടെ പ്രകൃതിയാണെന്നറിഞ്ഞാൽ കുഴപ്പമേയില്ല അയാളുടെ പ്രകൃതി അതങ്ങനെയുണ്ടാവു കൃഷ്ണൻ അല്പം മറന്നുപോയി കാളിയൻ ഓർമ്മിപ്പിച്ചു ഭാഗവതത്തിൽ കൃഷ്ണൻ കാളിയന്റെ പുറത്ത് നർത്തനം ചെയ്തിട്ട് കൃഷ്ണൻ പറഞ്ഞു നീ ഇവിടെ ഇരിക്കരുത് ഈ നദീ ജലം മുഴുവൻ വിഷമയമാക്കണു എന്ന് പറഞ്ഞപ്പോ കാളിയൻ പറഞ്ഞു ഭഗവാനെ അവിടുന്ന് എനിക്ക് വിഷമാണ് തന്നിരിക്കണത് അമൃതം ഞാൻ അമൃതം കക്കാം വിഷമല്ലേ തന്നിരിക്കണത് ഞാൻ വിഷമേ കക്കാൻ പറ്റുള്ളൂ എന്തു ചെയ്യാം ഭയം കലാഹ സഹോത്പത്യ താമസാഹ ഞങ്ങൾ ജന്മന അവിടെ ഞാനല്ല കുറ്റക്കാരൻ കുറ്റക്കാരൻ നിങ്ങളാണ് എന്നെ പാമ്പായിട്ട് ജനിപ്പിച്ച് വിഷം തന്നിട്ട് പിന്നെ വിഷം കക്കാൻ പാടില്ല എന്ന് ഞാൻ എന്ത് ചെയ്യും അപ്പൊ ഭഗവാൻ ഭഗവാൻ സമ്മതിച്ചു നീ വിഷം കക്കുന്നത് കുഴപ്പമില്ല ഇവിടെ വേണ്ട വേറെ സ്ഥലത്തേക്ക് പോയിക്കോണ്ട ഓരോരുത്തരുടെയും പ്രകൃതിയാണ് പ്രകൃതിയെ മാറ്റിമറിക്കാൻ പറ്റില്ല അവരവരുടെ പ്രകൃതിക്കനുസരിച്ച് അവരവർക്ക് മോക്ഷമാർഗമുണ്ട് ഹിരണ്യകശ്യപു ഹിരണ്യകശുപോ ആയി ഇരുന്നു കൊണ്ട് തന്നെ മുക്തനായി പ്രഹ്ലാദൻ പ്രഹ്ലാദനായി ഇരുന്നു കൊണ്ട് തന്നെ മുക്തനായി ഭഗവാൻ ഹിരണ്യകശുപു പ്രഹ്ലാദനാക്കി മാറ്റിയില്ല ഹിരണ്യകശ്യപുവിന് ഉപദേശിച്ച് നന്നാക്കാൻ പറ്റില്ലേ കൊന്നിട്ടേ ശരിയാക്കാൻ പറ്റുള്ളൂ ഹിരണ്യകശുപുവിനും ധ്യാനമായിരുന്നു സംരംഭസംബൃത സമാധി എന്നാണ് ഭാഗവതം പറയണത് അയാളുടെ പ്രകൃതി ഹിരണ്യകശുപു പ്രകൃതി റിണ്യകശുപു ഞാനോപദേശം ചെയ്യണു ഭാഗവതത്തിൽ ഇരണ്യാക്ഷൻ മരിച്ചപ്പോ പ്രകൃതിയാണോ ഒക്കെ പ്രവർത്തിക്കുന്നത് ഇവിടെ ആരും കർത്താവല്ല എന്നൊക്കെ ഇരണ്യകശുപുവും പറയുന്നുണ്ട് വെറുതെ ഒന്നുമല്ല രണ്ടേ രണ്ട് ജന്മവേ അതിനുശേഷം വേണ്ടി വന്നുള്ളൂ നമ്മളൊക്കെ എത്ര ജന്മമായി ഇവിടെ വന്നിട്ട് അവര് വൈകുണ്ഠത്ത് നിന്ന് വന്ന് മൂന്ന് ജന്മം കാര്യം കഴിച്ചിട്ട് പോയി നമ്മളിവിടെ കുറെ കാലമായി ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏത് പ്രകൃതി ആയാലും എത്ര നെഗറ്റീവായിട്ടുള്ള പ്രകൃതി ആയാലും തത്വം അറിഞ്ഞാൽ പ്രകൃതി ഒഴിഞ്ഞു പോകും എന്നാണ് ഇത്ര നെഗറ്റീവ് ആയാലും വേണ്ടില്ല പ്രകൃതിയിൽ കൊണ്ടുപോയി കൈവയ്ക്കേണ്ട പ്രകൃതിക്ക് സാക്ഷിയായിരുന്നാൽ മതി എന്നാണ് ഭഗവാൻ ഇനി പറയണത്തവിടെ പ്രകൃതി എന്ത് വേണമെങ്കിൽ ആവട്ടെ നീ കാത്താല ശങ്കരമാ പാട്ടി ചെന്നേനേ അവർ ചെന്നാലേ കോപം വന്നിട്ടേ തട്ടിണ്ടേപ്പാ അത് പാട്ടിക്ക് വേണാ പോയി അതിലെ പോയി സങ്കടപ്പെട്ടിട്ട് കോപത്തെ എപ്പിടി അടക്കരുത് കേട്ടിട്ട് ഏം പാട്ടി നീ പിടിക്കോപിച്ച എല്ലാരെയും തിട്ടറിയേ അതിനാൽ തന്നെ പറഞ്ഞ ആർക്കും പിടിക്കരുതല്ലേ പരത്തിയാർക്ക് നമ്മളെ പിടിച്ചു നമുക്ക് എന്നടാ വേണം അത് ഒട്ടുടുത്തോ പോച്ചേ പരത്തിയാർക്ക് നമ്മളെ പിടിച്ചു നമുക്ക് എന്നാ വേണം മറ്റുള്ളവർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് എന്ത് ചോദിച്ചോ അവരവരോട് എന്ത് ഉത്തരം പറയും നമ്മള് എപ്പോ അഹങ്കാരം എടുത്തു കളഞ്ഞാൽ നമ്മളെ നെഗറ്റീവ് ഇമോഷൻസ് പിന്നെ ആരെയും ദ്രോഹിക്കില്ല ഹിംസാത്മകമാവില്ല അഹങ്കാരം അവിടുന്ന് പോയാൽ മതി പ്രകൃതി എങ്ങനെ പ്രകൃതിയെ പിടിച്ച് ചലിപ്പിക്കലല്ല ജ്ഞാനം പിന്നെയോ പ്രകൃതിക്ക് സാക്ഷിയായ പുരുഷനാണ് ഞാൻ എന്ന് ഉണർന്നാൽ മതി പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശ അഹങ്കാര വിമൂഢാത്മ അഹങ്കാരം കൊണ്ട് മൂഢനായിട്ടുള്ളവൻ കർത്താ അഹം ഇത് മന്യത്തെ ഞാൻ കർത്താവാണ് എന്ന് ധരിക്കുന്നു തത്വവിത്തായിട്ടുള്ളവൻ തത്വം അറിഞ്ഞവൻ എങ്ങനെയാ പ്രവർത്തിക്കുന്നത് ഈ അജ്ഞാനിക്കും ജ്ഞാനിക്കും എവിടെ വ്യത്യാസം അതാണ് അടുത്ത ശ്ലോകം നോക്കുമാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തമത്വന സജ്ജത്തെ തത്വവിത്ത് തത്വം അറിഞ്ഞ ആള് തത്വം എന്ന് വെച്ചാൽ എന്താ താനേ താനേ തത്വം ഇതായി താനേ കാട്ടുവായി അരുണാചല അക്ഷരണമാലയില് ഭഗവാന്റെ ഡെഫിനേഷൻ അതാണ് അതായി താനേ കാട്ടുവായി അരുണാചല താൻ താനായി നമ്മളുടെ സ്വസ്വരൂപമായി പ്രകാശിക്കുന്ന വസ്തു തത്വം അതിനെ അറിഞ്ഞവൻ തത്വവിത്ത് തത്വവിത്ത് തന്റെ സ്വത്വമാണ് തത്വം അതറിഞ്ഞവൻ ഗുണകർമ്മ വിഭാഗയോ ഈ ഗുണകർമ്മ വിഭാഗത്തിൽ അതായത് വിഷയങ്ങൾ വിഷയങ്ങളോട് ബന്ധപ്പെടുന്നു കണ്ണ് എന്തിനെയോ കാണുന്നു ചെവി എന്തോ കേൾക്കുന്നു എന്തൊക്കെ പുറമേക്ക് വ്യവഹാരം നടന്നാലും ഗുണാഗുണേഷു വർത്തേ ഗുണം ഗുണത്തിനോട് വ്യവഹരിക്കുന്നു എന്നറിഞ്ഞ് ന സജ്ജത ഒന്നിനോട് ഒട്ടിച്ചേരുന്നില്ല സാക്ഷി മാത്രമായിട്ട് അകമയക്കു നിൽക്കണമെന്നാണ് ഗുണാഗുണേഷർത്തന്റെ ഇതിമത്വ ന സജ്ജത ഇങ്ങനെ അറിഞ്ഞ് ഒട്ടിപ്പിടിക്കണില്ല സംഘമില്ലാതെ സംഘവിഹീനനായിട്ട് ഇരിക്കും നമ്മളും ഇത് അഭ്യസിക്കണം എന്നാണ് പതുക്കെ പതുക്കെ ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയണു തത്വവിത്തിന്റെ കാര്യം എന്തിനു പറയുന്നു തോമബി തത്വദർശിന തത്വദർശി ഭവദർശികളുടെ ദൃഷ്ടിയെ ആശ്രയിച്ചുകൊണ്ട് നീയും തത്വദർശിയായിട്ടിരിക്കൂ എന്നുവെച്ചാലോ സാക്ഷിയായിരിക്കും നമ്മുടെ മനുഷ്യ ഇടയ്ക്കിടയ്ക്ക് പറയും പാത്തിണ്ടിരിക്കേല ഏതേത് നടക്കരുതോ അതാതെ പാത്തിണ്ടിരിക്ക വേല നോക്കിക്കൊണ്ടേ ഇരിക്കുന്നതാണ് നമ്മളുടെ ജോലി എന്നാണെന്ന് വെച്ചാലോ ഒന്നിലും പോയി കൈവയ്ക്കേണ്ട ഒക്കെ നടക്കട്ടെ ശരീരത്തിൽ എന്തൊക്കെയോ നടക്കണോ എന്നാണ് ഉള്ളിൽ എന്തൊക്കെയോ നട നമ്മൾ അറിഞ്ഞ കാര്യത്തിലല്ല ഇന്റർഫിയറൻസ് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും ശരീരത്തിനുള്ളിൽ എന്തൊക്കെയോ നടക്കേണ്ടത് പലതും നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാലാണ് കുഴപ്പം സാക്ഷി മാത്രമായി എന്തൊക്കെ നടക്കണോ നടക്കട്ടെ നല്ലത് ചീത്ത ഗുണം ദോഷം ലോകത്തിൽ നടന്നുകൊണ്ടേയിരിക്കും നമ്മളുടെ അധിക എനർജിയും പോണത് നന്നാക്കാൻ ശ്രമിച്ചിട്ടാണ് നമ്മളെയോ മറ്റുള്ളവരെയോ ലോകത്തിൽ അത് ശരിയിലെ ആ ദിശ എത്ര ആളുകൾ ആ ലോകം നന്നാക്കാനുള്ള ആളുകൾ അറിയും ലോകത്തിന്റെ പട്ടികയും കഴിക്കോലുമൊക്കെ മാറ്റാനുള്ള ഏർപ്പാടാണ് ചെയ്യാൻ പറ്റുമോ നമ്മളുടെ എനർജി പോയിക്കൊണ്ടിരിക്കുവോ ഉള്ളൂ അതിലൊന്നും ചെന്ന് പറ്റിക്കൂടാതെ ഇത് വെറും ദൃശ്യം മാത്രമാണ് നമ്മളുടെ അഹങ്കാരം മനസ്സ് ശരീരം ഒക്കെ ദൃശ്യം പാക്കനാർ ഒരു ദിവസം വിശന്നുകൊണ്ട് തെരുവിലൂടെ നടക്കുന്നു ഒരാള് പഴം കച്ചവടം ചെയ്തുകൊണ്ട് വരികയാണ് പഴത്തിന്റെ വണ്ടി അവിടെ നിർത്തിയിട്ട് അയാള് മാറിപ്പോയപ്പോ പാക്കനാർക്ക് വിശപ്പ് സഹിക്കവയ്യ സഹിക്കവയ്യാതെ ഒരു പഴം എടുത്ത് തിന്നു കയ്യിൽ കാശില്ല ആ വണ്ടിക്കാരനും നാട്ടിലുള്ളവരും ഒക്കെ കൂടെ ഇദ്ദേഹത്തിനെ വന്ന് അടിച്ചു അടിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു നല്ലവണ്ണം നാലെണ്ണം കൂടെ കൊടുക്കാം ഇനി നാലെണ്ണം കൂടെ കൊടുത്താലേ ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കുള്ളൂ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് എടുക്കണ്ട എടുക്കണ്ടെന്ന് കേൾക്കാത്താൽ തന്റെ ശരീരം തന്റെ വ്യക്തിത്വത്തിന് തന്നെ താനൊരു കാഴ്ചക്കാരനാണ് അത് വികൃതി കാണിച്ചു വാസന ക്രുമ്പ് കാണിച്ചു അതിൽ തനിക്കേ സംഘമില്ല എന്നാണ് അത് നന്നാക്കിയെടുക്കണം എന്നോ അത് ഒരു മറ്റുള്ള ഒരാളെ കാണുന്ന പോലെ ജീവൻ മുക്തൻ തന്റെ സ്വശരീരത്തിനെ പശ്യതി അന്യ എന്നാണ് മറ്റുള്ള ഒരാളുടെ ശരീരം കാണുന്ന പോലെ തന്റെ ശരീരത്തിനെ കാണുന്നു മറ്റുള്ള ഒരാളുടെ വ്യക്തിത്വത്തിനെ കാണുന്ന പോലെ തന്റെ വ്യക്തിത്വത്തിനെ കാണുന്നു അവിടെ തന്റേത് ഇല്ല സ്വത്വമില്ല അങ്ങനെ ഗുണാഗുണേഷു ഗുണം ഗുണത്തിനോട് വർത്തിക്കുന്നു ഇവിടെ സത്വഗുണമാണെങ്കിൽ പുറമേക്ക് സാത്വികമായിട്ടുള്ളതിനോടൊക്കെ എനിക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാവും ഇവിടെ രജോ ഗുണമാണെങ്കിൽ പുറമേക്ക് രജോ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ എനിക്ക് രുചിയും ഉണ്ടാവും ഇവിടെ തമോ ഗുണമാണെങ്കിൽ പുറമേക്ക് തമോ വസ്തുക്കളോടൊക്കെ എനിക്ക് രുചിയും ഉണ്ടാവും ഒരാളിൽ എന്ത് ഗുണമുണ്ട് എന്നുള്ളത് അയാൾ പുറമേക്ക് എന്തിലൊക്കെ വ്യവഹരിക്കണോന്നുള്ളത് കണ്ടാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം ജ്ഞാനിയാവട്ടെ തന്റെ ഉള്ളിലുള്ള ഗുണത്തിനും പുറമേക്കുള്ള വിഷയങ്ങളോടുള്ള അതിന്റെ സമ്പർക്കത്തിനും സാക്ഷിയായിട്ടിരിക്കുന്നു എന്ത് വേണമെങ്കിൽ നടക്കട്ടെ ചില ജ്ഞാനികളൊക്കെ വിചിത്രമായിട്ടിരിക്കും തിരുവണ്ണാമലെ അടുത്ത കാലത്ത് യോഗി ഉണ്ടായിരുന്നു അദ്ദേഹം എപ്പോഴും പീഡി വലിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ അദ്ദേഹത്തിന്റെ ശരീരത്തിനെ നോക്കിയാൽ പല ആളുകളും അദ്ദേഹത്തിനെ കാണാൻ പോയിട്ട് അയ്യേ ഇദ്ദേഹത്തിന് എല്ലാരും പോയി ജ്ഞാനിന്ന് പറയണല്ലോ ബീഡിയും വലിച്ചോണ്ടിരിക്കും ഒരാളെ മെനക്കെട്ട് പറഞ്ഞിട്ട് അയാള് പോയിട്ട് തിരിച്ചു വന്നു പറഞ്ഞു ഇയാളെ ഞാനിന്ന് പറയണമല്ലോ ഒരു ബീഡിയും വലിച്ചോ തിരുവണ്ണാമല വരെ പോയി ജ്ഞാനിയെ കാണാൻ പറഞ്ഞിട്ട് ബീഡിയെ കണ്ടിട്ട് വന്നിരിക്കും അത് ഇവിടെ തന്നെ കാണാറുണ്ട് പാലക്കാട്ടിലോ കൊച്ചിയിലോ അതിന് ഇതുവരെ പോണോ അത്രയും ഇതാണ് നമ്മള് പ്രകൃതിയെ നോക്കലെന്ന് പറയണത് അവര് അവര് സ്വയമേവ അവരുടെ പ്രകൃതിക്ക് അറ്റാച്ച്ഡേ അല്ല വിചിത്രമാണ് അവരുടെ ഓരോ ചലനവും പ്രകൃതിയുടെ ചലനത്തിനൊക്കെ അവര് രസിച്ച് കളിച്ചുകൊണ്ട് നടക്കും വേണമെന്ന് വെച്ച് തന്നെ ചിലപ്പോൾ കാണിക്കും പ്രകൃത ക്രിയമാണാണി ഗുണൈ കർമാണി സർവശ അവരുടെ ഗുണത്തിനനുസരിച്ച് ചിലപ്പോൾ അവർ പ്രവർത്തിക്കും എല്ലാ ജ്ഞാനികളും ശേഷാദ്രി സ്വാമി ഭ്രാന്തു കാണിക്കും ഭ്രാന്തനെ പോലെ കാണിക്കും അദ്ദേഹം വസ്ത്രമില്ലാതെ നടക്കും ആരെങ്കിലും നല്ല പുതിയ വസ്ത്രം കൊടുത്താൽ അത് കീറിയിട്ട് കൊടുക്കും ഇന്നതാ ചെയ്യാന്ന് പറയാനേ പറ്റില്ല അദ്ദേഹം തൊഴിലൊന്നുമില്ലാത്ത ആളാണ് എന്നാൽ സദാ ബിസിയാണ് രമണ മഹർഷിയോ എപ്പോഴും മഹർഷിയെ കാണാൻ ആളുകൾ വരും എല്ലാവരുടെ നടുവിൽ ഇരുപത്തിനാല് മണിക്കൂറും ആശ്രമത്തിലുണ്ട് എപ്പോഴും അദ്ദേഹം ഒന്നും ഇല്ലാത്ത ആളുടെ ഈസിയോടെ ഈസിനെസോടെ ഇരിക്കും ഒരു തിരക്കുമില്ല മഹർഷിക്ക് എല്ലാവരുടെ നടുവ് സദാസമയം ശേഷാർദ്ദ സ്വാമിയായിട്ട് ഓടിക്കൊണ്ടേയിരിക്കും ഒരു പണ്ടില്ലെങ്കിലും ഓടിക്കൊണ്ടേയിരിക്കും പിടിയേ കിട്ടില്ല അദ്ദേഹം ഓടിക്കൊണ്ടേയിരിക്കുന്ന വെച്ചാൽ ഓടിക്കൊണ്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ില്ല പിടിച്ചകട്ടോ അതെ അരുണാചലം മുഴുവൻ ഓടി നടക്കും അദ്ദേഹം പ്ലേഗ് വന്നു തിരുവണ്ണാമലെ ശേഷാദ്രസ്വാമിക്ക് എന്താ പണി എന്ന് വെച്ചാൽ മരിച്ചുപോയവരുടെ ശവം ഒക്കെ കാളവണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കാളവണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കും അദ്ദേഹത്തിന് എന്താ ഒന്നുമില്ല അവരുടെ അദ്ദേഹത്തിന്റെ പ്രകൃതിയാണത് അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് അദ്ദേഹം ചെയ്യുന്നു മഹർഷിയുടെ പ്രകൃതി ഇങ്ങനെ ശങ്കരാചാര്യരുടെ പ്രകൃതി ആ വിധത്തിൽ ഓരോരുത്തർ ഓരോ അവരുടെ പ്രകൃതിക്ക് അനുസരിച്ച് അവര് പ്രവർത്തിക്കുമ്പോഴും അവര് അവരുടെ പ്രകൃതിയിൽ നിന്നും ഭിന്നരാണ് സാക്ഷി മാത്രമാണ് തത്വം അറിഞ്ഞവൻ പ്രകൃതി ഏതു വിധത്തിലാണെങ്കിലും അവര് സി നിൽക്കുന്നു എന്നാൽ ഈ സാക്ഷിഭാവം എന്താണെന്ന് അറിയാത്തവര് സത്വഗുണ രജോ ഗുണ കർമ്മങ്ങളിൽ പോയി ഒട്ടിപ്പിടിക്കും അതിൽ പോയി പറ്റിക്കൂടും ചിലപ്പോൾ സാത്വികമായ ആക്ഷനിലും നമുക്ക് ബന്ധം വരും പൂജ ജപം ധ്യാനം അതിലുമൊക്കെ പോയി പറ്റിക്കൂടിയിട്ട് അതിലും ബന്ധം വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ അഥവാ അതിലുള്ള ആ ഭക്തിഭാവം പോയാലോ കരഞ്ഞുകൊണ്ടേയിരിക്കും എനിക്കൊന്നും വരുന്നില്ല ഒക്കെ നഷ്ടപ്പെട്ടു പോയി എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല അല്ലെങ്കിൽ ശരീര അസ്വാസ്ഥ്യം കൊണ്ട് എന്തെങ്കിലും കാരണവശാൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൽ കരഞ്ഞുകൊണ്ടിരിക്കും രജോ ഗുണപ്രകൃതിയായിട്ടുള്ളവർ അതിലുപോയി പറ്റിക്കൂടിക്കൊണ്ടിരിക്കും രജോഗുണപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഓട്ടി നടന്ന് പ്രവർത്തിച്ച് നമുക്ക് കാണാവും തമോ ഗുണപ്രകൃതിയായിട്ടുള്ളവർ എപ്പോ ഉറക്കവും തൂങ്ങി തിന്ന് ഉറക്കം തൂങ്ങി പല നീചപ്രവൃത്തികളും ചെയ്തുകൊണ്ട് ദുഷിപ്പിച്ചുകൊണ്ട് തന്റെ ഉള്ളും ദുഷിപ്പിച്ചുകൊണ്ട് നടക്കും ഈ മൂന്ന് തരത്തിലുള്ള ആളുകളെയും നമുക്ക് ലോകത്തിൽ കാണാം ഇതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പ്രകൃതമൂടാൻ അകൃസ് നമുക്ക് സ്ഥിരപ്രജ്ഞനായിട്ടിരിക്കാനുള്ള വഴിയാണ് ഭഗവാൻ കാണിച്ചു തരുന്നത് നമ്മള് നമ്മളിൽ ഈ മൂന്നിന്റെയും ആവിർഭാവം നമുക്ക് കാണാം ചിലപ്പോ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ഭാവം ചിലപ്പോൾ ഉറക്കം തൂങ്ങിയിട്ടുള്ള ഭാവം ചിലപ്പോ സാത്വികമായ ഭാവം ഈ മൂന്നും നമ്മളിലും കാണാം നമ്മളിൽ ഈ ഭാവങ്ങളൊക്കെ വരുമ്പോ തന്നെ നമ്മളെ സാക്ഷി മാത്രമായിട്ടിരിക്കണം ഒന്നിനോടും പറ്റിക്കൂടരുത് മഹർഷിയോട് ഒരു ഭക്തൻ ഒരു സാധകൻ ചോദിച്ചു ഞാൻ ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നു ഭഗവാനെ ഞാൻ എന്ത് ചെയ്യണം മഹർഷി പറഞ്ഞു ഉറക്കം വന്നാൽ ഉറങ്ങുക ഇങ്ങനെ ആരും ഉദ്ദേശിച്ചിട്ടേ ഇല്ല എല്ലാ സാധനാ പുസ്തകങ്ങളിലും ഉറക്കം വന്നാൽ എഴുന്നേറ്റ് നടക്കൂ അല്ലെങ്കിൽ ഓടൂ ചാടൂ എന്തെങ്കിലുമൊക്കെ പറയും അല്ലെങ്കിൽ നാമസങ്കീർത്തം എന്തെങ്കിലുമൊക്കെ പറയും മഹർഷിയുടെ മോസ്റ്റ് നാച്ചുറൽ മെത്തേഡാണ് എനിക്ക് ധ്യാനിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നു ഞാൻ എന്ത് ചെയ്യാം ഉറക്കം വന്നാൽ ഉറങ്ങും എപ്പോഴെങ്കിലും ആ ഉറക്കം പോകുമല്ലോ അല്ലെ അപ്പൊ എഴുന്നേൽക്കുമ്പോൾ ധ്യാനം വരും അപ്പൊ ചെയ്യ സമയം ഉണർന്നിരിക്കുന്ന സമയത്തിനെ വ്യക്തമായി പ്രയോജനപ്പെടുത്തിക്കൊള്ളുക പിന്നെയും ഉറക്കം വരണോ ഉറങ്ങിക്കോളൂ ഉറക്കമൊന്നും ശാശ്വതമായി നിൽക്കില്ല ഒരു ഗുണവും അതിന്റെ സ്വഭാവം തന്നെ അത് നിക്കില്ല അത് പോകും എപ്പോഴും ഒന്നും ഉറങ്ങാൻ ആർക്കും പറ്റില്ല എത്ര വലിയ ഉറക്ക രാജാവാണെങ്കിലും ശരി അപ്പോ തന്നിലും ഈ ഗുണങ്ങളൊക്കെ ആവിർഭവിക്കുമ്പോ ശണ്ടകൂടാനയെ പാടില്ല സാക്ഷിയായിട്ട് നിൽക്കുക അത് പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കോ എന്തോ ചെയ്യട്ടെ നമ്മള് പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഗുണങ്ങളൊക്കെ ഈ കുലിപ്രിയത്തിൽ വരും നമുക്ക് ചുറ്റും പലരിലും പല ഗുണങ്ങളുടെ ആവിർഭാവവും നമ്മൾ കാണും ചിലർ മഹാതാമസന്മാരായിട്ടിരിക്കും ഉറക്കം തൂങ്ങികളായിട്ടിരിക്കും ബുദ്ധിമാന്തിയുള്ളവരായിട്ടിരിക്കും ഒരു ജ്ഞാനിക്ക് ചുറ്റും തന്നെ ഇതൊക്കെ കാണാം നമുക്ക് ഇവിടെ ഭഗവാൻ പറയണത് അവരെയൊന്നും പോയി ചലിപ്പിക്കേണ്ട എന്നാണ് അവരെ ചലിപ്പിച്ചാൽ നമ്മൾ ഒരുപക്ഷെ അവരെ പോലെ ആവുന്ന അല്ലാതെ അവരിങ്കിട്ട് അതുകൊണ്ട് അവരങ്ങനെ ഇരിക്കട്ടെ എല്ലാരും ഒന്നും ഒരേ പോലെ ബുദ്ധിശക്തി ഉള്ളവരും അറിവുള്ളവരും ഒന്നും ആവാൻ പറ്റിയാണ് നമ്മളാശ്രമത്തില് മഹർഷി എഴുതിയ കൃതികളൊക്കെ കാണാതെ പഠിച്ച് ഓരോരുത്തരായി പോയി മഹർഷിയുടെ മുമ്പിൽ ഒപ്പിക്കും അതൊരു കാലത്തൊരു ഒരു പണിയും ഇല്ല ആ സമയത്ത് തപസ്വികളാണ് പുറമേക്കുള്ള വ്യവഹാരമൊന്നുമില്ല അപ്പൊ രസമായിട്ട് അവര് മഹർഷി എഴുതിയ സ്തുതി പഞ്ചകം പഠിച്ച് പഠിച്ച് മഹർഷിക്ക് പോയി ഒപ്പിക്കും ഓരോരുത്തരുടെ കഴിവ് ഓരോ പോലെയാണ് ചിലര് അപ്പ പഠിച്ചത് പറയും വേറെ ചിലർക്ക് എത്ര പഠിച്ചാലും പാവം തലയിൽ കയറില്ല ഇങ്ങനെ പല കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് അതില് കുഞ്ചുസ്വാമി വിശ്വനാഥസ്വാമി ഇവരൊക്കെ ഏകസന്ധ ഒരേ ഒരു പ്രാവശ്യം കേട്ടാൽ മതി അപ്പത് മുഴുവൻ പഠിച്ചിട്ട് അവിടെ പോയിട്ട് പറയും വേറെ ചില ആളുകളുണ്ട് അവരോടൊക്കെ മഹർഷി ആ അവർക്ക് പറ്റിയ രീതിയിൽ ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ പറഞ്ഞു കൊടുക്കും ഇന്നത് പഠിച്ച് അവര് പോയി മുമ്പിൽ പോയി മഹർഷിയൊന്നും എന്റെ മുമ്പിൽ വന്ന് കാണാതെ പഠിച്ച് പറയണമെന്നൊന്നും പറയില്ല പക്ഷെ ഇവരായിട്ട് തീരുമാനിച്ച് ചെയ്തു സുന്ദരം പറഞ്ഞിട്ട് സ്റ്റോർ കീപ്പർ ഒരാളുണ്ടായിരുന്നു മൃഗനാർ സ്വാമിയുടെ ഭാര്യയുടെ സഹോദരനാണ് പാവം അവർ അവർ ഭഗവാൻ മുന്നാർക്കുമേ പരിഹാസം വരാതെ തലയിൽ കയറില്ല ഒരു ദിവസം മഹർഷിയുടെ മുമ്പിൽ ഒപ്പിക്കയാണ് ഒരു പാട്ട് ഊഴിയിൽ വാഴും മാക്കളിൽ എന്താൽ ഊതിയം യാതീ പാഴിനിൽ വീഴാതേഴയ കാത്തു പദത്തിനിൽ ഇരുത്തി വൈത്തനയെ ആഴിയാം കരുണെ അണ്ണലേ എണ്ണ നാണമിക നന്നിടുമൽ വാഴിനി അരുണാചലാ ഉനെ വഴുത്തി വാഴത്തിട താഴ്ത്തും തലയേ ഇന്നാട്ട നെ അഴാഴാഴ നെ അഴാദാം സുന്ദരം പടാതെ പാട് പഠിച്ച് പാട്ട പഠിച്ച് നന്ന എല്ലാം ഒരേ ഇൻട്രസ്റ്റ് ഇവൻ പാട എല്ല ഭഗവാളും മാക്കളിൽ എൻപാൽ പെട്ടായ് പാലിനിൽ വീഴാതേയെ കാത്തും പദത്തിനിൽ ഇരുത്തി വൈത്തനയെ ആളിയാം കരുണ അണ്ണന അകമികിടുമൽ വാളിനി അഴുണാച്ച വളുത്തി വാഴത്തിട താഴ്ത്തും ചിരിക്ക ആരംഭിച്ചും ഭഗവാൻ സുന്ദരം അതേ വിഷമ എല്ലാരും ചിരിച്ചപ്പോ സുന്ദരം അത് വേറെ ഒന്നും കിടയാട്രടത്ത ഇത് അരിച്ചിരിക്ക പോലെ <laughs> <laughs> <laughs> <laughs> <laughs> <laughs> <laughs> रा, राव ശിഷ്യ കിടക്കാതെ സ്റ്റോർക്കുള്ള പോയിട്ട് അങ്ങിങ്ങ ും അദ്ദേഹത്തിന് ഓരോരുത്തരുടെ ബുദ്ധിശക്തി ഓരോ പോലെ ചിലത് തമോ ഗുണമയമായ ബുദ്ധിയാണെങ്കിൽ അതിൽ എത്ര പഠിപ്പിച്ചാലും ഒന്നും തലയിൽ കയറില്ല ചിലത് രജോഗുണപ്രകൃതികളായിരിക്കും ചില ആളുകൾ അവരെയും അതിൽ മാറ്റാനൊന്നും പറ്റില്ല പതുക്കെ പതുക്കെ അവർക്ക് ജ്ഞാനം ഉണ്ടാവാൻ സഹായിക്കണം ആശ്രമത്തിലുള്ള ഒരാള് ജോലിക്കാരനായിട്ടിരുന്ന ആൾ ടൌണിൽ എവിടെയോ പോയി ചെയ്യാൻ പാടില്ലാത്ത എന്തോ വൃത്തികെട്ട കാര്യം ചെയ്തു നാട്ടിലുള്ളവരൊക്കെ കൂടെ അവനെ അടിക്കാനായിട്ട് പുറപ്പെട്ടു അവൻ നാടുവിട്ടുപോയി കുറെ ദിവസം കഴിഞ്ഞ് തിരിച്ചു ആ ഒരു കോപമൊക്കെ അടങ്ങിയ ശേഷം തിരിച്ചു ആശ്രമത്തിൽ വന്നപ്പോ മഹർഷി സാധാരണമായി ആരുടെയും കാര്യത്തിൽ ഇടപെടാത്ത അവനെ വിളിച്ചിട്ട് തന്റെ അടുത്ത് സേവകനായിട്ട് നിർത്തി തന്റെ മുറിയില് എല്ലാവർക്കും വലിയ വിഷമം ഇവൻ ആശ്രമത്തിലെ ജോലിക്ക് ഇരുത്താൻ പാടില്ല എന്നുണ്ടായിരുന്നതാണ് തന്റെ മുറിയിൽ തന്നെ സേവകനായിട്ട് ഇരുത്തി അപ്പൊ എല്ലാവരും കൂടെ പറഞ്ഞു ഭഗവാനെ ഇവനെ അടുത്ത് സേവകനായി നിർത്തിയാ നാട്ടിൽ മുഴുവൻ നമുക്ക് ചീത്ത പേര് കേക്കും അവർക്ക് അഭിമാനമാണ് മുഖ്യം ഇവൻ നാട്ടിൽ മുഴുവൻ ചീത്ത പേരുണ്ടാക്കിയ ആളാണ് അങ്ങനത്തെ വൃത്തികെട്ട കാര്യമാണ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് കുറേ പേര് വന്ന് പറഞ്ഞു ഇപ്പോ ഇവനെ നോക്കിട്ട് മഹർഷി പറഞ്ഞു രാമകൃഷ്ണ നീ വന്ന് അസട് നീ പണ്ടും തരിമ പനക്ക് ഇവെല്ലാം പാവ യാറും തരമ എല്ലാം പണിറ നീ വന്ന് എല്ലാരും തരറ മാതിരി പണിവിട്ടിയാ മറച്ചു വെച്ചിട്ട് തിരിയറവാളപ്പാത്ത അപമാനം അപമാനം ഇനി ആരെങ്കിലും ഒക്കെ പറയോ കംപ്ലൈന്റ് ആൾക്ക് എല്ലാരും ഒളിഞ്ഞ് ഒളിഞ്ഞ് ഒളിഞ്ഞ് തെറ്റ് ചെയ്യണു നിനക്ക് പാവ ഒളിഞ്ഞ് തെറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് എല്ലാരും പോലെ ഒരു തെറ്റ് ചെയ്തു ഇപ്പൊ എല്ലാരും തന്നെ കുറ്റം പറയണു എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് പറഞ്ഞു അവൻ ഈ തെറ്റ് ചെയ്യാൻ കാരണം അവന്റെ ഉള്ളിലുള്ള വാസനയാണ് ഒന്ന് രണ്ട് അവനീ ആത്മവിദ്യ കേൾക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല എവിടെയോ ജോലി ചെയ്തുകൊണ്ടിരുന്നു ആശ്രമത്തിലിരുന്നു എന്നല്ലാതെ ഹാളിൽ അവൻ ഉണ്ടായിരുന്നില്ല നമ്മളുടെ സംവാദങ്ങളോ ഈ സത്സംഗമോ കിട്ടാൻ ഭാഗ്യം സിദ്ധിക്കാത്തത് കൊണ്ടാണ് അവൻ ചെയ്തത് അതുകൊണ്ട് അവനെ തള്ളിക്കളയല്ല വേണ്ടത് ഇനിമേലാൽ അവൻ ഈ സത്സംഗത്തിനുള്ള അവസരം കൊടുക്കണം അവന്റെ പ്രകൃതിയെ തള്ളിക്കളഞ്ഞാൽ അത് ഇനിയും നീചമായിട്ട് പോകും സത്സംഗത്തിനുള്ള അവസരം കൊടുത്താൽ ആ പ്രകൃതിയിൽ നിന്നും പതുക്കെ സാക്ഷിഭാവം വന്ന് വിട്ടുമാറി വരാൻ കഴിയും അതുകൊണ്ട് പ്രകൃതിയെ ഗുണസമ്മൂഢാഹ സജ്ജന്ത ഗുണകർമ്മ പ്രകൃതിയുടെ ഗുണത്തിനനുസരിച്ചിട്ട് ഉള്ള അജ്ഞാനികൾ അവരവരുടെ വാസനക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നു ലോകത്തിൽ അവർ അകൃസ്നവിദ മന്ദാഹ ഭഗവാൻ പറയുന്ന അവര് മന്ദന്മാരാണ് ബുദ്ധിമാന്തിയെന്നവരാണ് കൃത്സ്നം എന്നുവെച്ചാൽ പൂർണ്ണമായ ജ്ഞാനമില്ലാത്തവരാണ് അവരെ കൃത്സ്നവിത്ത് പൂർണ്ണമായ തത്വവിത്തായിട്ടുള്ളവൻ അവരെ ബലമായിട്ടൊന്നും അവരുടെ മാർഗത്ത് നിന്ന് ചലിപ്പിക്കരുത് കുറ്റം പറയരുത് അവർക്കുള്ള കോൺഫിഡൻസ് നശിപ്പിക്കുകയും വരുത് പതുക്കെ പതുക്കെ അവർക്ക് ഈ സാക്ഷി വിദ്യയെ ഉപദേശിച്ചു കൊടുക്കണം ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ഞാൻ സാക്ഷിയാണ് അവബോധമാണെന്നുള്ളത് ശ്രദ്ധയെ അങ്ങോട്ടൊക്കെ അവര് പതുക്കെ തിരിപ്പിച്ചു വിടണം തിരിപ്പിച്ചു വിട്ടാൽ തനീ ബാക്കിയൊക്കെ ശരിയായിക്കൊള്ളും ശരീരവും മനസ്സുമൊക്കെ തനിയെ ശരിയായിക്കൊള്ളും എപ്പോ ആത്മാവൽ മനസ്സ് നിന്നു തുടങ്ങിയോ ദേഹവും മനസ്സുമൊക്കെ തനിയെ ശരിയായിക്കൊള്ളും ആ ആത്മസ്മൃതി അവർക്ക് കൊടുക്കണം അതിനാണ് ഭഗവാൻ അടുത്ത ശ്ലോകം പറയണത് നോക്കാം മൈ സർവാണി കർമാണി സന്യസ്യധ്യാത്മചേതസാം നിരാശീ നിർമ്മമോഭൂ യുദ്ധസ്വവിഗതജ്വര പ്രകൃതി നിന്റെ പ്രകൃതി അർജുന യുദ്ധം ചെയ്യാനുള്ള പ്രകൃതിയാണ് അതിനെ ബലമായി പിടിച്ചു മാറ്റാനൊന്നും ശ്രമിച്ചാൽ മാറ്റാനും ഒക്കുകയില്ല അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്യണമെന്നുള്ള ആ ഭാവം വിട്ട് അലൌ ദാറ്റ് ആക്ഷൻ ടു ഫ്ലോ ത്രൂ യു ആ കർമ്മം നിന്നിലൂടെ നടക്കട്ടെ അതാണ് മൈ സന്യസ്യ എന്നുവച്ചാൽ ഭഗവാനാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത് ഞാൻ കർത്താവോ ഭോക്താവോ ഒന്നും തന്നെ അല്ല ഈശ്വരൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ള സത്യത്തിനെ അംഗീകരിക്കലാണ് മൈ സർവാണി